അവർ ചെലവഴിക്കുന്ന ചെറിയതോ വലിയതോ ആയ യാതൊരു ചെലവും അവർ മുറിച്ചുകടക്കുന്ന യാതൊരു താഴ്വരയും അള്ളാഹുസുബാനഹുത്ത് അല അവർക്ക് രേഖപ്പെടുത്തുന്നു അവർ ചെയ്തതിൽ ഏറ്റവും നല്ലതിന് അവർക്ക് പ്രതിഫലം